ധ്യായം പത്ത് ശലോമോന്റെ സദർശ വാക്യങ്ങൾ ജ്ഞാനമുള്ള മകൻ അപ്പനെ സന്തോഷിപ്പിക്കുന്നു ഫോഷനായ മകൻ അമ്മയ്ക്ക് വ്യസനഹേതുവാകുന്നു ദുഷ്ടതയാൽ സമ്പാദിച്ച നിക്ഷേപങ്ങൾ ഉപകരിക്കുന്നില്ല നീതിയോ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു യഹോവ നീതിമാനെ പട്ടിണി കിടത്തുകയില്ല ദുഷ്ടന്മാരുടെ കൊതിയോ അവൻ തള്ളിക്കളയുന്നു മടിയുള്ള കൈകൊണ്ട് പ്രവർത്തിക്കുന്നവൻ ദരിദ്രനായിത്തീരുന്നു ഉത്സാഹിയുടെ കയ്യോ സമ്പത്തുണ്ടാക്കുന്നു വേനൽക്കാലത്ത് ശേഖരിച്ചു ബുദ്ധിമാൻ കൊയ്ത്തുകാലത്ത് ഉറങ്ങുന്നവനോ നാണം കേട്ടവൻ നീതിമാന്റെ ശിരസിന്മേൽ അനുഗ്രഹങ്ങൾ വരുന്നു എന്നാൽ ദുഷ്ടന്മാരുടെ വായെ സാഹസം മൂടുന്നു നീതിമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടത് ദുഷ്ടന്മാരുടെ പേരോ കെട്ടുപോകും ജ്ഞാനഹൃദയൻ കൽപ്പനകളെ കൈക്കൊള്ളുന്നു വിടുവായനായ ഫോഷനോ വീണുപോകും നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു നടപ്പിൽ വക്രതയുള്ളവനോ വെളിപ്പെട്ടുവരും കണ്ണുകൊണ്ട് ആംഗ്യം കാട്ടുന്നവൻ ദുഃഖം വരുത്തുന്നു തുറന്ന് ശാസിക്കുന്നവനോ സമാധാനം ഉണ്ടാക്കുന്നു നീതിമാന്റെ വായ ജീവന്റെ ഉറവാകുന്നു എന്നാൽ ദുഷ്ടന്മാരുടെ വായെ സാഹസം മൂടുന്നു പക വഴക്കുകൾക്ക് കാരണമാകുന്നു സ്നേഹമോ സകല ലംഘനങ്ങളെയും മൂടുന്നു വിവേകയുടെ അധരങ്ങളിൽ ജ്ഞാനമുണ്ട് ബുദ്ധിഹീനന്റെ മുതുകിനോ വടികൊള്ള ജ്ഞാനികൾ പരിജ്ഞാനം അടക്കി വയ്ക്കുന്നു പോഷന്റെ വായോ അടുത്തിരിക്കുന്ന നാശം ധനവാന്റെ സമ്പത്ത് അവൻ ഉറപ്പുള്ള ഒരു പട്ടണം എളിയവരുടെ നാശമോ അവരുടെ ദാരിദ്ര്യം തന്നെ നീതിമാന്റെ സമ്പാദ്യം ജീവഹേതുവും ദുഷ്ടന്റെ ആദായം പാപകാരണവുമാകുന്നു പ്രബോധനം പ്രമാണിക്കുന്നവൻ ജീവമാർഗത്തിൽ ഇരിക്കുന്നു ശാസനത്യജിക്കുന്നവനോ ഉഴന്നു നടക്കുന്നു പക മറച്ചുവെക്കുന്നവൻ പൊളിവായൻ ഏഷണി പറയുന്നവൻ ഭോഷൻ വാക്കുപെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കയില്ല അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ നീതിമാന്റെ നാവ് മേത്തരമായ വെള്ളി ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസ്സാരം നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും ഘോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു ഈ ഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു അധ്വാനത്താൽ അതിനോടൊന്നും കൂട്ടുന്നില്ല ോഷം ചെയ്യുന്നത് ഫോഷന് കളിയാകുന്നു ജ്ഞാനം വിവേകിക്ക് അങ്ങനെ തന്നെ ദുഷ്ടൻ പേടിക്കുന്നത് തന്നെ അവന് ഭവിക്കും നീതിമാന്മാരുടെ ആഗ്രഹമോ സാധിക്കും ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടൻ ഇല്ലാതെയായി നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനമുള്ളവൻ ചുറുക്ക പല്ലിനും പുക കണ്ണിനുമാകുന്നത് പോലെ മടിയൻ തന്നെ അയയ്ക്കുന്നവർക്ക് ആകുന്നു യഹോവഭക്തി ആയുസ്സിനെ ദീർഘമാക്കുന്നു ദുഷ്ടന്മാരുടെ സമ്മത്സരങ്ങളോ കുറഞ്ഞു പോകും നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷമാകുന്നു ദുഷ്ടന്മാരുടെ പ്രതീക്ഷയ്ക്കോ ഭംഗം വരും യഹോവയുടെ വഴി നേരുള്ളവന് ഒരു ദുർഗം ദുഷ്പ്രവർത്തിക്കാർക്കോ അത് നാശകരം നീതിമാൻ ഒരു നാളും പുലിങ്ങിപ്പോകയില്ല ദുഷ്ടന്മാരോ ദേശത്ത് വസിക്കയില്ല നീതിമാന്റെ വായ ജ്ഞാനം മുളപ്പിക്കുന്നു വക്രതയുള്ള നാവോ ഛേദിക്കപ്പെടും നീതിമാന്റെ അധരങ്ങൾ പ്രസാദകരമായത് അറിയുന്നു ദുഷ്ടന്മാരുടെ വായോ വക്രതയുള്ളതാകുന്നു